അതിനാൽ നിങ്ങൾ ക്ഷമിക്കുക തീർച്ചയായും അള്ളാഹുസുബ് ഹാനഹുവറ്റ് അലായയുടെ വാഗ്ദാനം സത്യമാണ് നാം അവർക്ക് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളിൽ ചിലത് നിങ്ങൾക്ക് കാണിച്ചു അല്ലെങ്കിൽ നിങ്ങളെ മരിപ്പിച്ചാലോ അവർ നമ്മുടെ അടുത്തേക്ക് തന്നെ മടക്കി